പതിനെട്ടാം അധ്യായത്തിൽ നാം വായിച്ച പരീശൻ ആ ധനികനായ ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മളവിടെ വായിച്ചപ്പോൾ അവിടെ അവൻ ദുഃഖിതനായി തീർന്നു എന്നല്ല ദുഃഖത്തിനെയൊന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവിടെ പറയുന്നവൻ അതിദുഖിതനായി തീർന്നു എന്നാണ് അവൻ്റെ ധനത്തെയും അവിടെ ഒന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതി ദുഃഖിതനായിത്തീർന്നു അപ്പോൾ നമുക്ക് ആത്മീയമായ വഴിയിൽ മുമ്പോട്ട് പോകുന്നതിന് ഈ രീതിയിൽ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള സന്തോഷം നമുക്ക് നഷ്ടമാകുന്നതിന് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് തടസ്സമായിട്ടുള്ളത് നമ്മുടെ ആ ധനം തന്നെയാണ് ഞാൻ എന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന എൻ്റെ അവസ്ഥയാണ് അത് കൂടുന്തോറും എനിക്ക് ഈ വഴി പ്രയാസമായിത്തീരും അത് കൂടുന്തോറും എനിക്ക് ക്രിസ്തീയ ജീവിതം അതേറെ ദുഃഖമുള്ളതായിത്തീരും കർത്താവിനെ വിട്ട് ഞാൻ പോകും എന്നാൽ അതിന് ഞാൻ എത്രയും എളിയവനായി ഒരു വിധയെപ്പോലെ എത്രയും എളിയവനായി ഞാൻ മാറും എനിക്ക് എത്രയും സന്തോഷം എത്രയും സന്തോഷത്തോടെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും കർത്താവ് എപ്പോഴും ഇവിടെ എന്നിട്ട് ഒരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കർത്താവ് അപ്പം ശിഷ്യന്മാരെ പോലും അത് കേട്ടിട്ട് അവർ പറയുന്നു ഇത് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം ഇരുപത്തിനാല് അപ്പോൾ കർത്താവ് പറഞ്ഞു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ സൂചിക്കുഴ എന്നുള്ളത് കൊണ്ട് ഒരു ഒരു പ്രത്യേക കോലികളൊക്കെ വച്ചിട്ടുള്ള ഒരു ചെറിയ അറേഞ്ച്മെൻറ് ഒരു അറേഞ്ച്മെൻ്റാണ് അതൊരു ചെറിയ അതിൻ്റെ കഴുത്ത് മാത്രം കഴുത്തകത്തേക്ക് പോയി അത് വളരെ പ്രയാസപ്പെട്ടേ അതിന് അപ്പുറത്തേക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളു അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാന് ആർക്ക് കഴിയും അപ്പോൾ അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അത് ഉത്സാഹം ലഭിക്കുന്നതാണ് നിങ്ങൾക്കൊരു താല്പര്യമുണ്ടോ ഈ വചനങ്ങൾ കേട്ട് ഈ വഴിയെ പോകാനായിട്ടൊരു താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ചെറുതാകാനുള്ളൊരു മനസ്സുണ്ടോ ഈ സൂചിക്കുഴയിലൂടെ തലവെച്ച് നിങ്ങൾക്ക് തന്നെ ചെറുതായി പോകാനായിട്ട് മനസ്സുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് മനുഷ്യരാൽ അസാധ്യമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുവാനായിട്ട് കഴിയും ഈ വഴിയെ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും കർത്താവാണെങ്കിലും എപ്പോഴും ഇങ്ങനെയൊരു ഒരു സൂചിക്കുഴ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുമ്പിൽ പിടിച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞു നമ്മുടെ നിത്യജീവുള്ള വഴി എങ്ങനെയാണ് അതിൻ്റെ തുടക്കം അതൊരു ഇടുക്ക് വാതിലാണ് ഇടുക്ക് വാതിൽ അത് കഴിഞ്ഞ് ഞെരുക്കമുള്ള ഒരു വഴിയുണ്ട് അപ്പോൾ ഇടുക്ക് വാതിൽ ഞെരുക്ക് നിത്യജീവൻ നിത്യജീവൻ എനിക്ക് നിത്യജീവൻ വേണം നിത്യജീവൻ വേണം പക്ഷേ അതിൻ്റെ വഴി എന്ന് പറയുന്നത് തുടക്കം ഒരു ഇടുക്ക് വാതിലാണ് പലപ്പോഴും നമ്മൾ നിയമസഭയിൽ ഇവിടെ വരുമ്പോഴും നമ്മൾ സാധാരണ മറ്റ് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ലോകത്തിലൊരു വലിയ സ്ഥാനത്ത് നിന്ന് വരുന്ന ആളാണ് അല്ലെങ്കിൽ കുറേ ധനവാനായിട്ടുള്ള ആളാണ് ഉടനെ വന്ന് എല്ലാവരും പരിചയപ്പെടുത്തി ആ ഇന്ന സോ അൻ സോ ഇന്ന ഇന്ന വ്യക്തി ഇന്ന ആൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലും പുറകിലുമുള്ള പേരുകളുമൊക്കെ ഇപ്പോൾ പറഞ്ഞ് നമ്മളവരെ എന്താ ചെയ്യുന്നത് സാധാരണ മറ്റ് സ്ഥലങ്ങളിൽ സാധാരണ പൊതുവേ ചെയ്യുന്നത് അവരുടെ സ്വയത്തെ അവരുടെ ഓൾറെഡി വലിയ ആൾക്കാരായിട്ടാണ് വരുന്നത് ആ വലിയ ആൾക്കാരുടെ വലുപ്പത്തെ ഒന്നുകൂടെ വലുതാക്കും ഒന്നുകൂടെ വലു കർത്താവ് നമ്മളെ ചെറുതാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നു ചെറുതാക്കി ചെറുതാക്കി ഈ ഇടുക്ക് വാതിലൂടെ കിടക്കണം ഈ ഞെരുക്കമുള്ള വഴിയിലൂടെ പോയി നിത്യജീവനിലെത്തണം പക്ഷേ അവരെ സംബന്ധിച്ചോളം നിത്യജീവനല്ല നിത്യതയല്ല അവരുടെ മുമ്പിലുള്ള ലക്ഷ്യം ഈ ആദ്യം തന്നെ നിങ്ങള് വലിയ നിങ്ങക്ക് വ വഴി അങ്ങ് വലുതാക്കി തരാം നിങ്ങൾ ഓൾറെഡി വലിയ ആളാണോ ഇച്ചിരി കൂടെ നിങ്ങളുടെ സ്വയത്തെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ എത്രയും വിലപ്പെട്ട നമ്മുടെ ഏറ്റവും വലിയ നല്ല ഇന്ന ബിസിനസ്സുകാരൻ നമ്മുടെ മധ്യത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹത്തെ നമുക്ക് കാര്യങ്ങൾ അഴിച്ച് സ്വീകരിക്കാം ഇത്ര ഇന്ന വ്യക്തി ഇന്ന വന്നിട്ടുണ്ട് നമ്മൾ അവരെ അങ്ങ് വലുതാക്കി വലുതാക്കി ആ വഴിയിൽ അവരങ്ങ് അവരുടെ നിത്യതയെക്കുറിച്ച് ഉള്ള ബോധ്യം അവർക്കും നഷ്ടപ്പെടുന്നു അങ്ങനെയാണ് നമ്മുടെ ചുറ്റിനും കാണുന്നത് എന്നാൽ നമുക്ക് ദൈവം ഇങ്ങനെയുള്ള ഒരിടുക്കുള്ള ഒരു വാതിൽ അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസവന്മാരെ നമ്മൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ വെൽക്കം ചെയ്യണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലി സാഹചര്യങ്ങളിൽ നമുക്ക് സഭാ മീറ്റിംഗിൽ വരുമ്പോൾ ഓരോ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചില തടസ്സങ്ങൾ വരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ മറ്റുള്ളവർ വില മതിക്കുന്നില്ല ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു തിരുത്തലുണ്ടാവുന്നു അതിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ പറ്റിയാൽ ഇതാണ് നിത്യജീവങ്ങളിലേക്കുള്ള വഴി ഇതാണ് ഇടുക്കമുള്ള ഞെരുക്കമുള്ള ആ വാതിലും വഴിയും കടന്ന് എനിക്ക് നിത്യജീവ ുള്ള ഒരു വഴിയിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന അങ്ങനെ അതിനെ എന്നെ നയിക്കുന്ന ഈ സഭയ്ക്കായിട്ട് ഞാൻ ദൈവത്തിനെ നന്ദി പറയുന്നു അങ്ങനെയുള്ള സഹോദരങ്ങൾക്കായിട്ട് അങ്ങനെയുള്ളൊരു ഡിസേൺമെൻറ് ഉള്ള സഹോദരന്മാർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വിലമതിക്കാനും നമുക്ക് തിരുത്തലുകൾ നമുക്ക് എത്രയോ പേരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ വലിയവരായിട്ട് വന്നിട്ടുള്ള ആളുകൾ അവരോട് എന്തെങ്കിലും ഒരു കാര്യം ഒരു തിരുത്തല് പറയുന്ന ഉടനെ അവർ കഴിഞ്ഞ ദിവസവും ഞാൻ കേൾക്കാനായിട്ടിടയായി ഒരു പ്രിയപ്പെട്ടവൻ ഇവിടുന്ന് ഒരു തിരുത്തൽ അദ്ദേഹത്തിന് കൊടുത്തതാണ് പക്ഷെ വളരെ കൈപ്പോടുകൂടി അദ്ദേഹം അദ്ദേഹം വളരെ മുറിപ്പെട്ട് മുമ്പോട്ട് പോയിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാനും നാം ഇന്ന് പ്രത്യേകിച്ച് ഈ അപ്പം നുറുക്കുവാനും നാം ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുവാനും നമ്മൾ പോകുമ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അപ്പം അതെത്ര എത്ര മാര്ദ്ദവുള്ളതാണ് അതിന് ഇത് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ അതിന് കുറച്ചൊക്കെ അതിൻ്റെ പുറത്തെങ്കിലും കുറച്ച് കട്ടിയുണ്ടായോ അപ്പോൾ അത് കഴിഞ്ഞ് അതിനെ നല്ല ചെത്തി അതിൻ്റെ പുറത്തുള്ള കട്ടി പോലും ഇപ്പോൾ മാറ്റി അത് വളരെ മാർദ്ദവുമുള്ളതാണ് അത് നമ്മൾ എടുത്ത് ഇപ്പോൾ മുറിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് മുറിക്കാനായിട്ട് പറ്റും നിങ്ങളുടെ അടുത്തേക്ക് ഈ അപ്പം വരുമ്പോൾ നിങ്ങളതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കുക നമ്മളാരും ഒത്തിരി ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ രീതിയിൽ ദൈവമേ നിൻ്റെ മുമ്പാകെ നീ ഒരുക്കുന്ന സാഹചര്യങ്ങളുടെ മുമ്പിൽ കർത്താവെ ഞാൻ ചെറുതാകാൻ കർത്താവെ ഞാൻ നുറുക്കപ്പെടാൻ ഞാൻ ഇതാ എന്നെ തന്നെ ഏൽപ്പിച്ചു പലയിടങ്ങളിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പലപ്പോഴും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഗോതമ്പ് മണി നിലത്ത് ചാകുന്നതിനെക്കുറിച്ച് പറയുന്നു അങ്ങനെ നിലത്ത് വീണ ചത്ത് പൊടിഞ്ഞ് ഗോതമ്പണികൾ പൊടിഞ്ഞ് പൗഡറായി തങ്ങളുടെ ഐഡൻറ്റിറ്റി തങ്ങളുടെ വ്യക്തിത്വത്തെ നഷ്ടപ്പെടുത്തി അങ്ങനെയുള്ള ഗോതമ്പ് മണികൾ ചേർന്ന് ഒരപ്പമായിരിക്കും കർത്താവെ ആ രീതിയിലുള്ള എൻ്റേതായിട്ടുള്ള വ്യക്തിത്വത്തെ സൂക്ഷിക്കാതെ ഞാൻ കർത്താവെ ചെറുതാകുവാൻ ഞാൻ പൊടിയുവാൻ ഞാൻ നുറുങ്ങുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പറയുന്നത് കൂടെയാണ് നമ്മൾ ഈ അപ്പത്തിൽ നാം പാനം ചെയ്യും അപ്പം അപ്പം നാം ഭൂജിക്കുമ്പോൾ നാം അതിന് നമ്മെ തന്നെ നുറുക്കുവാനായിട്ട് നമ്മൾ ഗോതമ്പ് പണി നിലത്ത് വീണച്ചാവുന്നതിനെക്കുറിച്ച് പറയും കർത്താവ് അതുപോലെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി അപ്പം എടുത്ത് വാഴ്ത്തി നമുക്കും അവിടം വരെ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും സന്തോഷമാണ് വാഴ്ത്തി പക്ഷേ അവനപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു നുറുക്കൽ ചിലപ്പോൾ അത് വേദനാജനകമായിരിക്കാം എന്നാൽ നുറുക്കുവാൻ നുറുക്കപ്പെടുവാനായിട്ട് ഞാൻ തയ്യാറാണ് കർത്താവെ അതാണ് വഴി അതാണ് വഴി ആ വഴിയെ ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് നമുക്ക് ഇന്ന് കേട്ട ഈ അടിസ്ഥാനത്തിൽ കർത്താവിന് പ്രിയപ്പെടുന്ന വഴി എന്ന് പറയുന്നത് ചെറുതാകുന്ന വഴിയാണ് കർത്താവിന് പ്രിയപ്പെടുന്ന വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ള വാതിലിലൂടെ ഇടുക്കമുള്ള വഴി ഞെരുക്കമുള്ള വഴിയിലൂടെ പോകുന്നതാണ് കർത്താവിന് പ്രിയമുള്ള വഴി എന്ന് പറയുന്നത് ആ സൂചിക്കുഴയിലൂടെ ഞാൻ എന്നെ തന്നെ ചെറുതാക്കി ഞാൻ മുമ്പോട്ട് പോകുന്നതാണ് കർത്താവിന് പ്രിയമുള്ള വഴി ഞാൻ എന്നെ തന്നെ നുറുക്കത്തിന് ഏൽപ്പിക്കുന്നതാണ് ഞാൻ ആ രീതിയിൽ പൊടിയുവാൻ തയ്യാറാവുന്നതാണ് എൻ്റെ വ്യക്തിത്വം ത്തും ഞാൻ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാവുന്നതാണ് അങ്ങനെ നമുക്ക് സമർപ്പണത്തോടെ ഇന്ന് ഈ അപ്പത്തിലും നമുക്ക് ഈ പാനപാത്രത്തിലും നമുക്ക് പങ്കാളികളായാലും നാം അതുപോലെ പാനപാത്രത്തിൽ നാം പങ്കാളികളാവുമ്പോൾ നാം യേശു നമുക്ക് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തത് അതിൻ്റെ ഒരു ഓർമ്മയും കൂടിയാണ് കർത്താവ് ഈ വഴിയെ തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയെ ലേഖനത്തിൽ നാം വായിക്കുന്നു ഫിലിപ്പി ലേഖന രണ്ടാം അധ്യായത്തിൽ കർത്താവ് നമുക്ക് പിശാചിൻ്റെ തലയെ അവൻ തകർത്തു എന്ന് നാം ഈ പ്രാർത്ഥനയിലൊക്കെ പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ചു കർത്താവ് പിശാജിനെ തോൽപ്പിച്ചു പിശാചിൻ്റെ തലയെ അവൻ തകർത്തു എന്നാൽ എങ്ങനെയാണ് പിശാജി പിശാജായത് പിശാജി പിശാദായ പിശാജായത് തന്നെ താൻ ഉയർത്തി ഉയർത്തി ഉയർത്തി അവൻ ആ വഴിയെ പോയതുകൊണ്ടാണ് നമ്മൾ എസ് കെയിലും അഷിയാവിലുമൊക്കെ ആ പിശാജി പോയ തന്നെ തന്നെ ഉയർത്തിയ വഴിയെക്കുറിച്ച് നാം വായിക്കുന്നു എന്നാൽ ഇതാ യേശു പിശാജിനെ ജയിച്ചത് ആ വഴി ഈ വഴിയിലൂടെയാണ് രണ്ടാമധ്യായം ഫിലിപ്പിലേഖന രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു രണ്ട് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ നിങ്ങളേക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും എന്നിട്ട് പറയുന്നു ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റവൻ്റെ മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കേണം എന്നിട്ട് പറയുന്നു ക്രിസ്വേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് കർത്താവ് ഓരോ സ്റ്റെപ്പ് താഴോട്ട് പോവുകയാണ് അവൻ ദൈവരൂപത്തിൽ ദൈവത്തോട് സമനായി ഇരിക്കുകയായിരുന്നു അവിടെ നിന്ന് കർത്താവ് ദാസരൂപമെടുത്ത് ആ സമത്വം പിടിച്ചുകൊള്ളാതെ മനുഷ്യ സാദൃശ്യത്തിലായി അപ്പോൾ അവിടെയും നിർത്തിയില്ല തന്നെത്താൻ ഒഴിച്ച് മനുഷ്യ സാദൃശ്യത്തിനായ ശേഷവും തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വീണ്ടും തന്നെത്താൻ താഴ്ത്തി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം വീണ്ടും മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലത്തിനും മേലായ നാമം നൽകി നാം കർത്താവിനെ ഏറ്റവും വലിയവനായി നാം കാണുമ്പോൾ കർത്താവ് പിശാചിൻ്റെ തലയെ തകർത്തത് ഈ വഴിയിലൂടെയാണ് അവൻ തന്നെത്താൻ താഴ്ത്തി വീണ്ടും താഴ്ത്തി വീണ്ടും താഴ്ത്തി ക്രൂസിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി നമ്മുടെ സ്വയം അങ്ങനെ ഉള്ളതല്ല നമുക്ക് വീണ്ടും വീണ്ടും ഉയരുവാനായിട്ടാണ് നമ്മുടെ താല്പര്യമുള്ളത് നമുക്ക് താല്പര്യമുള്ളത് എന്നാൽ നമുക്ക് ദൈവം നൽകുന്ന അവസരങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലേക്ക് വന്ന് നമുക്ക് ദൈവത്തോടെ ഏറ്റു പറയാം കർത്താവെ എനിക്ക് ഈ വഴിയെക്കുറിച്ചുള്ളൊരു വ്യക്തത നൽകണമേ കർത്താവെ ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ശാഠ്യവും ദുരഭിമാനവും ഒക്കെ എന്നെ വിട്ട് നീങ്ങിപ്പോകട്ടെ ഞാൻ കർത്താവെ ഞാൻ മുറിപ്പെടുന്ന എൻ്റെ സ്വഭാവം പ്രിയ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് തിരുത്തുമ്പോൾ ശാസിക്കുമ്പോൾ നിങ്ങൾ മുറിപ്പെട്ട് നിങ്ങളുടെ മുഖം വീർപ്പിച്ചിരിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു സുബോധത്തിലേക്ക് വരിക കർത്താവ് കാണിച്ചു തരുന്ന വഴി അത് നിങ്ങളെ തന്നെ താഴ്ത്തുന്ന വഴിയാണ് അവിടെ ഞാൻ മുറിപ്പെടുന്ന സ്വഭാവത്തിൽ നിന്ന് ഒഫൻഡഡ് ആകുന്ന സ്വഭാവത്തിൽ നിന്ന് കർത്താവെ എന്നെക്ക് വിടുതൽ തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതുപോലെ നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം നമ്മൾ ഈ അപ്പത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ ഒന്ന് വരും പതിനാം അധ്യായത്തിൽ നാം അവിടെ വായിക്കുന്നു ഞാൻ പതിനാല് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും കർത്താവ് പോയ ആ വഴിയെ നാം ഓർക്കുകയാണ് കർത്താവ് പോയ താഴ്മയുടെ താഴേക്ക് താഴേക്ക് ക്രൂശിൻ്റെ മാർഗത്തിലേക്ക് പോയ ആ വഴിയെ നാം ഓർക്കുകയാണ് അങ്ങനെ ഓർത്തിട്ട് അവണ്ണം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമ്പോളും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു കർത്താവ് ഈ മാർഗ്ഗത്തിലൂടെ പോയി എന്ന് ഞാൻ അതിനെ പ്രസ്താവിക്കുക മാത്രമല്ല ഞാൻ അതിനോടൊപ്പം ഞാൻ പറയുന്നത് കർത്താവ് നിൻ്റെ മരണത്തെ എൻ്റെ ശരീരത്തിൽ വഹിച്ച് ഈ മാർഗ്ഗത്തിലൂടെ പോകുവാൻ ഞാൻ തയ്യാറാണ് കർത്താവ് ഒരു പുതിയ നിയമം കർത്താവ് ചെയ്യുകയായിരുന്നു തൻ്റെ ഭരണത്തിലൂടെ ഞാൻ ആ പുതിയ നിയമം ഞാൻ ചെയ്തുകൊണ്ട് കർത്താവെ ഞാൻ ഈ ക്രൂശിൻ്റെ മാർഗത്തിൽ ഞാൻ കർത്താവെ രക്തം ചിന്തിക്കൊണ്ട് ഈ വഴിയെ പോകുവാൻ ഞാൻ തയ്യാറാണ് നമുക്കങ്ങനെ ഉള്ള ഒരു തീരുമാനവും കൂടെ നമുക്ക് ആയിരിക്കുന്ന ഒരു സമയമായിട്ട് ഇത് നിൽക്കട്ടെ അതോടെ ചേർന്ന് ഇരുപത്തിയേഴാം വാക്യം അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും തമ്മിച്ച് സംബന്ധിച്ച് കുറ്റക്കാരനാകും മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ നാം അതുപോലെ ഞാൻ മുപ്പത്തി ഒന്നാം വാക്യവും കൂടെ വായിക്കട്ടെ നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് നമുക്ക് ഈ അപ്പത്തിലും പാനപാത്രത്തിലും നാം പങ്കാളികളാകുമ്പോൾ ഇപ്പോൾ ഈ സമയത്ത് മാത്രമല്ല തുടർമാനമായി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈ വഴിയെ മുമ്പോട്ട് പോകുന്നതിന് നമുക്ക് ഈ ഇടുക്കമുള്ള വാതിലിലൂടെ ഞെരുക്കമുള്ള വഴിയിലൂടെ ഈ സൂചിക്കുഴയിലൂടെ പോകുന്ന ആ യാത്രയിൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മെ തന്നെ വിധിക്കുക എനിക്ക് കർത്താവേ എൻ്റെ കുറവുകൾ എനിക്ക് കാണാനായിട്ട് കഴിയണം നമുക്ക് എത്ര അപകടകരമാണ് എനിക്ക് പ്രായമായി കുറെ കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് വിളിച്ചു ലഭിക്കുന്നില്ല ആർക്കും എന്നോടൊന്നും പറഞ്ഞു തരാൻ പറ്റുന്നില്ല ആർക്കും എന്നെ തിരുത്താൻ പറ്റുന്നില്ല എങ്കിൽ അത് വളരെ അപകടകരമാണ് കർത്താവെ ഞാൻ എന്നെ തന്നെ വിധിക്കട്ടെ ഞാൻ എന്നെ തന്നെ വിധിക്കട്ടെ കർത്താവെ ഞാൻ ഇന്ന് പറഞ്ഞതിൽ കർത്താവെ അത് അതിനകത്ത് അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇന്ന് കർത്താവെ ഞാൻ എൻ്റെ ഇടപെടലുകളിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ കർത്താവ് എൻ്റെ ഈ സഹോദരസന്മാരുള്ള പെരുമാറ്റത്തിൽ കർത്താവ് എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ സഭയിൽ എൻ്റെ വീട്ടിൽ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നൂറ്റി മുപ്പത് മാസം കീർത്തനത്തിൽ അങ്ങനെ വായിക്കുന്നല്ലോ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നയിക്കണമേ കർത്താവ് വ്യസനത്തിനുള്ള മാർഗം എവിടെയെങ്കിലും ഉണ്ടോ നമുക്കങ്ങനെയുള്ള എന്നെ തന്നെ ശോധന ചെയ്യുന്ന നമ്മെ തന്നെ ശോധന ചെയ്യുന്ന ഒരാത്മാവ് അതും നമുക്ക് ഈ അപ്പത്തിനും വീഞ്ഞിലും നാനപ പങ്കാളികളാകുമ്പോൾ നമുക്കുണ്ടാവട്ടെ കർത്താവേ ഞാൻ എന്നെ തന്നെ വിധിക്കുന്ന എന്നെ തന്നെ ശോധന ചെയ്യുന്ന ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിലൂടെ നീളം പുലർത്തുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തുടർമാനമായിട്ട് ഞാൻ അത് പുലർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയാം നമുക്കൊരു ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം